മുപ്പത്തി ഒമ്പത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നീലനൂൽനൂൽ ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രവും അഹരോന് വിശുദ്ധ വസ്ത്രവും ഉണ്ടാക്കി പൊന്ന് നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് എഫോത് ഉണ്ടാക്കി നീലനൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞുനൂൽ എന്നിവയുടെ ഇടയിൽ ചിത്രപ്പണിയായി നെയ്യേണ്ടതിന് അവർ പൊന്ന് അടിച്ച് നേരിയ തകിടാക്കി നൂലായി കണ്ടിച്ചു അവർ അതിന് തമ്മിലിണച്ചിരിക്കുന്ന ചുമൽക്കണ്ടങ്ങൾ ഉണ്ടാക്കി അത് രണ്ടറ്റത്തും ഇണച്ചിരുന്നു അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അതിൽ നിന്ന് തന്നെ അതിന്റെ പണി പോലെ പൊന്ന് നീലനൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് ആയിരുന്നു മുദ്രക്കൊത്തായിട്ട് ഇസ്രയേൽ മക്കളുടെ പേർ കൊത്തിയ ഗോമേതക കല്ലുകളെ അവർ പൊന്തടങ്ങളിൽ പതിച്ചു ഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ഇസ്രയേൽ മക്കൾക്കുവേണ്ടി യേഫോദിന്റെ ചുമൽക്കണ്ടങ്ങളിന്മേൽ ഓർമ്മക്കല്ലുകൾ വെച്ചു അവൻ യേഫോതിന്റെ പണി പോലെ ചിത്രപ്പണിയായിട്ട് പൊന്ന് നീലനൂൽ തൂമറനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് പതക്കവും അത് സമചതുരമായിരുന്നു പതക്കം ായി ഉണ്ടാക്കി അത് ഒരു ചാൺ നീളവും ഒരു ചാൺ വീതിയുമുള്ളതായി ഇരട്ടയായിരുന്നു അവർ അതിൽ നാലു നിര രത്നം പതിച്ചു താമ്രമണി പീതരത്നം മരതകം ഇത് ഒന്നാമത്തെ നിര രണ്ടാമത്തെ നിര മാണിക്യം നീലക്കല്ല് വജ്രം മൂന്നാമത്തെ നിര പത്മരാഗം വൈ ൈഡൂര്യം സുഗന്ധിക്കല് നാലാമത്തെ നിര ഗോമേദകം പുഷ്പരാഗം സൂര്യകാന്തം അവ അതത് തടത്തിൽ പൊന്നിൽ പതിച്ചിരുന്നു ഈ കല്ലുകൾ ഇസ്രയേൽ മക്കളുടെ പേരുകളോടു കൂടെ അവരുടെ പേർ പോലെ പന്ത്രണ്ടായിരുന്നു പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഓരോന്നിന്റെ പേർ അവയിൽ മുദ്രക്കൊത്തായി കൊത്തിയിരുന്നു പതക്കത്തിന് ചരടുപോലെ മുറിച്ച് കുത്തുപണിയായി തങ്കം കൊണ്ട് സരപ്പിളികളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് രണ്ടു വളയവും രണ്ടു കണ്ണിയും ഉണ്ടാക്കി വളയം രണ്ടും പതക്കത്തിന്റെ രണ്ടറ്റത്തും വെച്ചു പൊന്നുകൊണ്ടുള്ള രണ്ട് സരപ്പിളി അവർ പതക്കത്തിന്റെ അറ്റത്ത് രണ്ടുവളയത്തിലും കൊളുത്തി രണ്ടു സരപ്പിളിയുടെയും അറ്റം രണ്ടും അവർ കണ്ണി രണ്ടിലും കൊളുത്തി യേഫോതിന്റെ ചുമൽകണ്ടങ്ങളേൽ മുൻഭാഗത്ത് വെച്ചു അവർ പൊന്നുകൊണ്ട് വേറെ രണ്ട് കണ്ണി ഉണ്ടാക്കി പതക്കത്തിന്റെ മറ്റേ രണ്ടറ്റത്തും യേഫോതിന്റെ കീഴറ്റത്തിന് നേരെ അകത്തെ വിളിമ്പിൽ വെച്ചു അവർ വേറെ രണ്ട് പൊൻകണ്ണി ഉണ്ടാക്കി യേഫോതിന്റെ മുൻഭാഗത്ത് രണ്ട് ചുമൽകണ്ടങ്ങളിൽ താഴെ അതിന്റെ ഇണപ്പിനരികെ ഏഫോതിന്റെ നടുക്കെട്ടിനു മേലായി വെച്ചു പതക്കം ഏഫോതിന്റെ നടുക്കെട്ടിനു മേലായി ഇരിക്കേണ്ടതിനും അത് യേഫോതിൽ ആടാതിരിക്കേണ്ടതിനും ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ അവർ കണ്ണികളാൽ ഏഫോതിന്റെ കണ്ണികളോട് നീല നാടകൊണ്ട് കെട്ടി അവൻ ഏഫോതിന്റെ അങ്കി മുഴുവനും നീല നൂൽകൊണ്ട് നെയ്ത്തുപണിയായി ഉണ്ടാക്കി അങ്കിയുടെ നടുവിൽ കവചത്തിന്റെ ദ്വാരം പോലെ ഒരു ദ്വാരവും അത് കീറാതിരിക്കേണ്ടതിന് ചുറ്റും ഒരു നാടയും വെച്ചു അങ്കിയുടെ വിളിമ്പിൽ നിലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് മാതളപ്പഴങ്ങൾ തങ്കം കൊണ്ട് മണികളുമുണ്ടാക്കി മണികൾ അങ്കിയുടെ വിളിമ്പിൽ ചുറ്റും മാതളപ്പഴങ്ങളുടെ ഇടയിൽ വെച്ചു ശുശ്രൂഷയ്ക്കുള്ള അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരുമണിയും ഒരു മാതളപ്പഴവും ഒരു മണിയും ഒരു മാതളപ്പഴവും ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ വെച്ചു അഹരൂനും പുത്രന്മാർക്കും പഞ്ഞുനൂൽ കൊണ്ട് നെയ്ത്തുപണിയായ അങ്കിയും പഞ്ഞുനൂൽ കൊണ്ട് മുടിയും പഞ്ഞുനൂൽ കൊണ്ട് അലങ്കാരമുള്ള തലപ്പാവും പിരിച്ച പഞ്ഞുനൂൽ കൊണ്ട് കാൽച്ചട്ടയും പിരിച്ച പഞ്ഞുനൂൽ നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തെയ്യൽപ്പണിയായ നടുക്കെട്ടും യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഉണ്ടാക്കി അവർ കൊണ്ട് വിശുദ്ധ മുടിയുടെ നെറ്റിപ്പട്ടം ഉണ്ടാക്കി യഹോവയ്ക്ക് വിശുദ്ധം എന്ന് മുദ്രക്കൊത്തായുള്ള ഒരു എഴുത്ത് കൊത്തി അത് മുടിമേൽ കെട്ടേണ്ടതിന് അതിൽ നീലനൂൽ കോർത്തു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിന്റെ പണിയൊക്കെയും തീർന്നു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ഇസ്രയേൽ മക്കൾ ചെയ്തു അങ്ങനെ തന്നെ അവർ ചെയ്തു അവർ തിരുനിവാസം മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു കൂടാരവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും കൊളുത്ത് പലക അന്താഴം തൂൺ ചുവട് ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽകൊണ്ടുള്ള പുറമൂടി തഹശു തോൽകൊണ്ടുള്ള പുറം മറയുടെ തിരശ്ശീല സാക്ഷ്യ പെട്ടകം അതിന്റെ തണ്ട് കൃപാസനം മേശ അതിന്റെ ഉപകരണങ്ങളൊക്കെയും കാഴ്ചയപ്പം തങ്കം കൊണ്ടുള്ള നിലവിളക്ക് കത്തിച്ചുവെപ്പാനുള്ള ദീപങ്ങൾ അതിന്റെ ഉപകരണങ്ങളൊക്കെയും വെളിച്ചത്തിന് എണ്ണ പൊന്നുകൊണ്ടുള്ള ധൂപപീഠം അഭിഷേക തൈലം സുഗന്ധ ധൂപവർഗം കൂടാര വാതിലിനുള്ള മറശീല താമ്രം കൊണ്ടുള്ള ഈയാക്കപീഠം അതിന്റെ താമ്രജാലം തണ്ട് അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടി അതിന്റെ കാൽ പ്രാകാരത്തിന്റെ മറശീല തൂൺ അതിന്റെ ചുവട് പ്രാകാര വാതിലിന്റെ മറശീല അതിന്റെ കയറ് കുറ്റി സമാഗമന കൂടാരമെന്ന തിരുനിവാസത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെയും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കായി വിശേഷ വസ്ത്രം പുരോഹിത ശുശ്രൂഷയ്ക്കുള്ള അഹരോന്റെ വിശുദ്ധ വസ്ത്രം അവന്റെ പുത്രന്മാരുടെ വസ്ത്രം ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ഇസ്രയേൽ മക്കൾ എല്ലാ പണിയും തീർത്തു മോശ പണിയൊക്കെയും നോക്കി യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവർ അത് ചെയ്തു തീർത്തിരുന്നു എന്ന് കണ്ട് മോശ അവരെ അനുഗ്രഹിച്ചു